കന്നുകാലികളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പാഠമുണ്ട് മാലിന്യത്തിനും രക്തത്തിനുമിടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇറങ്ങുന്ന ശുദ്ധമായ പാല് അവയുടെ വയറുകളിൽ നിന്ന് അള്ളാഹു സുബാനഭുവ ചായ നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു